ം ഇരുപത്തിയെട്ട് അൽ കസ്വസ് മക്കയിൽ അവതരിച്ചത് മൂസാ നബി ഫിർ ഔൻ ഹാമാൻ കാറൂൻ എന്നിവരുടെ ചരിത്രം വിവരിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് മായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളത്ര അവശ്വസിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി മൂസായുടേയും ഫിറാവുന്റെയും വൃത്താന്തത്തിൽ നിന്നും സത്യപ്രകാരം നിനക്ക് നാം ഓതിക്കേൾപ്പിക്കുന്നു ان فرعون علا في الارض وجعل اهلها شيعا يستضعف طائفه منهم يستضعف طائفه منهم يدبح ابناءهم ويستحي نسائهم انه كان من المفسدين تيرچياهم فرعون ناتل اوننتيم نادچو عبدتغاري അവൻ വ്യത്യസ്ത കക്ഷികളാക്കി തീർക്കുകയും ചെയ്തു അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കിയിട്ട് അവരുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു നാമാകട്ടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനും അവരെ നേതാക്കളാക്കുവാനും അവരെ നാടിൻ്റെ അനന്തരാവകാശികളാക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത് ആ മർദ്ദിതർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിറാവുന്നും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും അവരിൽ നിന്ന് തങ്ങൾ ആശങ്കിച്ചിരുന്നതെന്തോ അത് കാണിച്ചു കൊടുക്കുവാനും നാം ഉദ്ദേശിക്കുന്നു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 എന്നിട്ട് ഫിർ ഔൻ്റെ ആളുകൾ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു അവൻ അവരുടെ ശത്രുവും ദുഃഖഹേതുവും ആയിരിക്കാൻ വേണ്ടി തീർച്ചയായും ഫിർ ആമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പറ്റിയവരായിരുന്നു فقالت امراه فرعون قره عين لي ولك لا تقتلوه عسى ان ينفعنا او نتخذه ولدا وهم لا يشعرون فرعون دي ഭാര്യ പറഞ്ഞു এيكم আঙ্গেيكم কണ്ണി নি কুলির্মা ইত্রে ই কুটি আদিনাল ইভেনা নিঙ্গল কলরেদ ইভেন নমক উপগヂচেকম allerdings ഇവനെ നമുക്ക് ഒരു മകനായി സ്വീകരിക്കാം അവർ യാഥാർത്ഥ്യം ഗ്രഹിച്ചിരുന്നില്ല മാതാവിന്റെ മനസ്സ് അന്യചിന്തകളിൽ നിന്ന് ഒഴിവായതായി തീർന്നു അവളുടെ മനസ്സിനെ നാം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 നിങ്ങൾക്കു വേണ്ടി ഇവനെ സംരക്ഷിക്കുന്ന ഒരു വീട്ടുകാരെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിവു തരട്ടെയോ അവർ ഇവന്റെ ഗുണകാംക്ഷികളായിരിക്കുകയും ചെയ്യും അങ്ങനെ അവൻ്റെ മാതാവിൻ്റെ കണ്ണുകുളിർക്കുവാനും അവൾ ദുഃഖിക്കാതിരിക്കുവാനും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അവൾ മനസ്സിലാക്കുവാനും വേണ്ടി അവനെ നാം അവൾക്ക് തിരിച്ചേൽപ്പിച്ചു പക്ഷേ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല അങ്ങനെ മൂസ ശക്തി പ്രാപിക്കുകയും പാകത എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നാം വിവേകവും വിജ്ഞാനവും നൽകി അപ്രകാരമാണ് സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത് هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فوكزه موسى فقضى عليه قال هذا من عمل الشيطان انه عدو مضل مبين പട്ടണവാസികൾ അശ്രദ്ധരായിരുന്ന സമയത്ത് മൂസ അവിടെ കടന്നു ചെന്നു അപ്പോൾ അവിടെ രണ്ടു പുരുഷന്മാർ പരസ്പരം പൊരുതുന്നതായി അദ്ദേഹം കണ്ടു ഒരാൾ തൻ്റെ കക്ഷിയിൽപ്പെട്ടവൻ മറ്റൊരാൾ തൻ്റെ ശത്രുവിഭാഗത്തിൽപ്പെട്ടവനും അപ്പോൾ തൻ്റെ കക്ഷിയിൽപ്പെട്ടവൻ തൻ്റെ ശത്രുവിഭാഗത്തിൽപ്പെട്ടവനെതിരിൽ അദ്ദേഹത്തോട് സഹായം തേടി അപ്പോൾ മൂസ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു അതവൻ്റെ കഥ കഴിച്ചു മൂസ പറഞ്ഞു ഇത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു അവൻ വ്യക്തമായും വഴിപിഴപ്പിക്കുന്ന ശത്രു തന്നെയാകുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു അതിനാൽ നീ എനിക്ക് പൊറത്തു തരേണമേ അപ്പോൾ അദ്ദേഹത്തിന് അവൻ പൊറത്തു കൊടുത്തു തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവെ നീ എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ കുറ്റവാളികൾക്ക് സഹായം നൽകുന്നവനാവുകയില്ല അങ്ങനെ അദ്ദേഹം പട്ടണത്തിൽ ഭയപ്പാടോടും കരുതലോടും കൂടി വർദ്ധിച്ചു അതാ തലേ ദിവസം തന്നോട് സഹായം തേടിയവൻ വീണ്ടും തന്നോട് സഹായത്തിന് മുറവിളി മൂസ അവനോട് പറഞ്ഞു നീ വ്യക്തമായും ഒരു ദുർമാർഗി തന്നെയാകുന്നു قال يا موسى أتريد أن تقتلني كما قتلت نفسا بالأمس إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين أنت أور إيرواركوم شاترو آئتو لفنة پڑي گودان أدهام ادهشي چپول أون پرنيو هي موسى ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ നീ എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ നാട്ടിൽ ഒരു പോക്കിരിയാകാൻ മാത്രമാണ് നീ ഉദ്ദേശിക്കുന്നത് നന്മയുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ നീ ഉദ്ദേശിക്കുന്നില്ല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 അങ്ങനെ ഭയപ്പാടോടും കരുതലോടും കൂടി അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവെ അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ وَلَمَّا تَوَجَّهَتِ الْقَائِمَةُ مَذْيَنًا قَالَ عَسَى رَبِّي أَنْ يَهْدِيَنِي سَوَاءَ السَّبِيلِ مديന്റെ நேர்க்கு யாத்திரை திர்ச்சപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻറെ റഷീദാവ് ശരിയയ മാർഗ്ഗത്തിലേക്ക് എന്നെ നയിച്ചേക്കാം وَلَمَّا وَرَدَ مَاءً مَذْيَنًا وَجَدَ عَلَيْهِ أُمَّةً مِنْ ിലെ ജലാശയത്തിങ്കിൽ അദ്ദേഹം ചെന്നെത്തിയപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി അവരുടെ ഇപ്പുറത്തായി തങ്ങളുടെ ആട്ടിൻപറ്റത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെയും അദ്ദേഹം കണ്ടു അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അവർ പറഞ്ഞു ഇടയന്മാർ ആടുകൾക്ക് വെള്ളം കൊടുത്ത് തിരിച്ചുകൊണ്ടു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല ഞങ്ങളുടെ പിതാവാകട്ടെ വലിയൊരു വൃദ്ധനുമാണ് അങ്ങനെ അവർക്കു വേണ്ടി അദ്ദേഹം അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുത്തു പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറിയിരുന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകും കോലത്ത് ഇന്ന അബിയൂഖലിയമ ശലന ഫലം ജൂസ്ല കോസോസോ കോ അപ്പോൾ ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ നാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നടന്നു ചെന്നിട്ട് പറഞ്ഞു താങ്കൾ ഞങ്ങൾക്കു വേണ്ടി ആടുകൾക്ക് വെള്ളം കൊടുത്തതിനുള്ള പ്രതിഫലം താങ്കൾക്കു നൽകുവാനായി എന്റെ പിതാവ് താങ്കളെ വിളിക്കുന്നു അങ്ങനെ മൂസ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നിട്ട് തന്റെ കഥ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭയപ്പെടേണ്ട അക്രമികളായ ആ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു ആ രണ്ടു സ്ത്രീകളിലൊരാൾ പറഞ്ഞു എന്റെ പിതാവെ ഇദ്ദേഹത്തെ താങ്കൾ കൂലിക്കാരനായി നിർത്തുക തീർച്ചയായും താങ്കൾ കൂലിക്കാരായി എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ശക്തനും വിശ്വസ്തനുമായിട്ടുള്ളവനത്രേതു പിതാവ് പറഞ്ഞു നീ എട്ടു വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എന്റെ ഈ രണ്ടു പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇനി പത്തു വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം നിനക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുന്നവരിൽ ഒരാളായി നിനക്ക് എന്നെ കാണാം മൂസ പറഞ്ഞു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 അങ്ങനെ അദ്ദേഹം അതിനടുത്തു ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്തുനിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു മൂസ തീർച്ചയായും نعان آگنه لوگ رجش دعوائي الله وَأَنْ أَلْقِ عَصَاكْ فَلَمَّا رَأَهَا تَهْتَ الزُّكَ أَنَّهَا جَانُّ وَلَّا مُدْبِرَا وَلَمْ يُعَقِّبْ يَا مُوسَى أَقْبِلْ وَلَا تَخَفْ إِنَّكَ مِنَ الْآمِنِينَ نِنْدَ وَدِي تَعْرَ يَدُوْ എന്നിട്ടത് ഒരു സർപ്പമെന്നോണം പിടയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പിന്നോക്കം തിരിഞ്ഞോടി അദ്ദേഹം തിരിഞ്ഞു നോക്കിയതുപോലുമില്ല അള്ളാഹു പറഞ്ഞു മൂസ നീ മുന്നോട്ട് വരിക പേടിക്കേണ്ട തീർച്ചയായും നീ സുരക്ഷിതരുടെ കൂട്ടത്തിലാകുന്നു നീ നിന്റെ കൈ കുപ്പായമാറിലേക്ക് പ്രവേശിപ്പിക്കുക യാതൊരു കെടുതിയും കൂടാതെ വെളുത്തതായി അത് പുറത്തുവരുന്നതാണ് ഭയത്തിൽ നിന്ന് മോചനത്തിനായി നിന്റെ പാർശ്വഭാഗം നീ ശരീരത്തിലേക്ക് ചേർത്ത് ചെയ്യുക അങ്ങനെ അത് രണ്ടും ഫിറൗൻ്റെയും പ്രമുഖന്മാരുടെയും അടുത്തേക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള രണ്ടു തെളിവുകളാകുന്നു തീർച്ചയായും അവർ ധിക്കാരികളായ ഒരു ജനതയായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ അവരുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ കൊന്നുപോയിട്ടുണ്ട് അതിനാൽ അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്റെ സഹോദരൻ ഹാറൂൺ എന്നെക്കാൾ വ്യക്തമായി സംസാരിക്കാൻ കഴിവുള്ളവനാകുന്നു അതുകൊണ്ട് എന്നോടൊപ്പം എന്റെ സത്യത സ്ഥാപിക്കുന്ന ഒരു സഹായിയായിക്കൊണ്ട് അവനെ നിയോഗിക്കണമേ അവർ എന്നെ നിഷേധിച്ചു കളയുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു അള്ളാഹു പറഞ്ഞു നിന്റെ സഹോദരൻ മുഖേന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 തന്റെ പക്കൽ നിന്ന് സന്മാർഗവും കൊണ്ടുവന്നിട്ടുള്ളവനാരെന്നും ഈ ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കുമെന്നും എന്റെ രക്ഷിതാവിന് നല്ലപോലെ അറിയാം അക്രമികൾ വിജയം പ്രാപിക്കുകയില്ല തീർച്ചയായും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 ആ അക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ അവരെ നാം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സഹായവും നൽകപ്പെടുന്നതല്ല ഈഹിക ജീവിതത്തിൽ അവരുടെ പിന്നാലെ നാം ശാപം അയക്കുകയും ചെയ്തു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും കിതാബ ശിവ്യൂൺ പൂർവ തലമുറകളെ നാം നശിപ്പിച്ചതിനു ശേഷം ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളും മാർഗദർശനവും കാരുണ്യവുമായി കൊണ്ട് മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി അവർ ചിന്തിച്ചു ഗ്രഹിച്ചേക്കാമല്ലോ നെബിയെ മൂസാക്ക് നാം കൽപ്പന ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് ആ പടിഞ്ഞാറെ മലയുടെ പാർശ്വത്തിൽ നീ ഉണ്ടായിരുന്നില്ല ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നതുമില്ല പക്ഷേ നാം പിന്നീട് പല തലമുറകളെയും വളർത്തിയെടുത്തു അങ്ങനെ അവരിലൂടെ യുഗങ്ങൾ ദീർഘിച്ചു മതിയൻകാർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ അവർക്കിടയിൽ താമസിച്ചിരുന്നില്ല പക്ഷേ നാം ദൂതന്മാരെ നിയോഗിക്കുന്നവനായിരിക്കുന്നു നാം മൂസായെ വിളിച്ച സമയത്ത് ആ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ നീ ഉണ്ടായിരുന്നുമില്ല പക്ഷേ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യത്താൽ ഇതെല്ലാം അറിയിച്ചു തരികയാകുന്നു നിനക്കു മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി അത്ര ഇത് അവർ ആലോചിച്ച് മനസ്സിലാക്കിയേക്കാം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 എന്നാൽ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം മുഹമ്മദ് നബി മുഖേന അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറയുകയാണ് മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഇവന് നൽകപ്പെടാത്തത് എന്താണെന്ന് എന്നാൽ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 അവരുടെ പ്രതിഫലം രണ്ടു മടങ്ങായി നൽകപ്പെടുന്നതാണ് അവർ നന്മ കൊണ്ട് തിന്മയെ തടുക്കുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ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 وهو اعلم بالمعتجين تيرчаяယും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിൽ ആക്കാൻവില്ല പക്ഷേ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിൽ ആക്കുന്നു സന്മാർഗം പ്രാപിക്കുന്നവരെปറ്റി അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു വഖാലൂ ഇന്നത്തെബഇൽ ഹുദാ മഅകന തഖത്തഫ് മിൻ അർദിനാ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 ൂ നിങ്ങൾക്ക് വല്ല വസ്തു നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിൻ്റെ സുഖഭോഗവും അതിൻ്റെ അലങ്കാരവും മാത്രമാകുന്നു അള്ളാഹുവിങ്കലുള്ളത് കൂടുതൽ ഉത്തമവും നീണ്ടു നിൽക്കുന്നതുമത്ര എന്നിരിക്കെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അപ്പോൾ നാം ഏതൊരുവന് നല്ലൊരു വാഗ്ദാനം നൽകുകയും എന്നിട്ട് അവൻ അത് നിറവേറിയതായി കണ്ടെത്തുകയും ചെയ്തുവോ അവൻ ഐഹിക ജീവിതത്തിന്റെ സുഖാനുഭവം ുഭവിപ്പിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തവനെപ്പോലെയാണോ അല്ലാഹു അവരെ വിളിക്കുകയും എന്റെ പങ്കുകാർ എന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്നവർ എവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രീന ഹക്കാലി മുൾക്കൗലുറുബനഹ ഉല ഇല്ലതീന അവൈനഹും ഇലൈ ഖമഖ്യാനു ഇയ്യാബുദൂൻ ശിക്ഷയെപ്പറ്റിയുള്ള വാക്ക് ആരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവർ അന്ന് ഇപ്രകാരം പറയുന്നതാണ് ഞങ്ങളുടെ രക്ഷിതാവെ ഇവരെയാണ് ഞങ്ങൾ വഴിപിഴപ്പിച്ചത് ഞങ്ങൾ വഴിപിഴച്ചതുപോലെ അവരെയും വഴിപിഴപ്പിച്ചതാണ് ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഉത്തരവാദിത്തം ഒഴിഞ്ഞിരിക്കുന്നു ഞങ്ങളെയല്ല അവർ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 من تاب وآمن وعمل صالحا فعسى ان يكون من المفلحين انال خेदिच مدঙ্গഗയും විශ්වসিকഗയും സൽകർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവനാരോ അവൻ വിജയികളുടെ കൂട്ടത്തിലായക ઓ റബ്બുക യഖലഖു മാ യശാഉ വ യхта നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അവർക്ക് തെരഞ്ഞെടുക്കുവാൻ അർഹതയില്ല അള്ളാഹു എത്രയോ പരിശുദ്ധനും അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അതീതനുമായിരിക്കുന്നു അവരുടെ മനസ്സുകൾ ഒളിച്ചുവെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും നിന്റെ രക്ഷിതാവ് അറിയുന്നു അവനത്രേ അള്ളാഹു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല ഈ ലോകത്തും പരലോകത്തും അവനാകുന്നു സ്തുതി അവനാണ് വിധികർത്തൃത്വവും അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അല്ലാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്നു തരിക എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ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 وَنَزَعْنَا مِنْ كُلِّ أُمَّتٍ شَهِيدَاً, فَقُلْنَا هَاتُوا فَعَلِمُوا وَضَلَّ عَنْهُمْ مَا كَانُوا ും ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ അന്ന് നാം പുറത്തു കൊണ്ടുവരുന്നതാണ് എന്നിട്ട് ആ സമുദായങ്ങളോട്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 وَآتَيْنَاهُ مِنَ الْكُنُوزِ مَا إِنَّ مَفَاتِحَهُ لَتَنُوءُ بِالْعُصْبَةِ أُولِي الْقُوَّةِ إِذْ قَالَ لَهُ قَوْمُهُ لَا تَفْرَحْ إِنَّ اللَّهَ لَا يُحِبُّ الْفَرِحِينَ തീർച്ചയായും ഖാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ടവനാണ് എന്നിട്ട് അവൻ അവരുടെ നേരെ അതിക്രമം കാണിച്ചു തന്റെ ഖജനാവുകൾ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കവണ്ണമുള്ള നിക്ഷേപങ്ങൾ നാം അവന് നൽകിയിരുന്നു അവനോട് അവൻ്റെ ജനത ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ നീ പുളകം കൊള്ളേണ്ട പുളകം കൊള്ളുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത് കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല പറഞ്ഞു എന്റെ കൈവശമുള്ള വിദ്യകൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത് എന്നാൽ അവനു മുമ്പ് അവനേക്കാൾ കടുത്ത ശക്തിയുള്ളവരും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 سوى يخشكون ورده قوتلไมلا واصبح الذين تمنوا مكانه بالامس يقولون ويك ان الله يبسط الرزق لمن يشاء من عباده ويقدر لولا امن الله علينا لخسف بنا ويك انه لا يفلح الكافرون ഇന്നലെ അവൻ്റെ സ്ഥാനം കൊതിച്ചിരുന്നവർ ഇന്ന് ഇപ്രകാരം പറയുന്നവരായിത്തീർന്നു അഹോ കഷ്ടം തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കിക്കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അതു ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു ഞങ്ങളോട് അള്ളാഹു ഔദാര്യം കാണിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങളെയും അവൻ ആഴ്ത്തിക്കളയുമായിരുന്നു ം സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു ആ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തിക്കൊടുക്കുന്നത് അന്ത്യഫലം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 അള്ളാഹുവോടൊപ്പം വേറെ യാതൊരു ദൈവത്തെയും നീ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ്റെ തിരുമുഖം ഒഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ് അവനുള്ളതാണ് വിധികർത്തൃത്വം അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും